എല്ലാവർക്കും എന്റെ പറഞ്ഞ കർമ്മത്തെ വിജയിപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്ന ഹേതുക്കളിൽ വളരെ പ്രധാനമായ ഹേതുവാണ് ദൈവം ദൈവം പ്രതികൂലമായാൽ ആരുടെ ഏത് കർമ്മങ്ങളും പരാജയപ്പെടും ദൈവം അനുകൂലമായാൽ ആരുണ്ട് ഏത് കർമ്മവും വിജയിക്കും ഇതാണ് നിയമം പോയെ എന്താണ് ഈ നിയമം ഈ ദൈവം കർമ്മം ചെയ്യുന്നയാൾ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് പരമാവധി ഭമിയായി കർമ്മം ചെയ്യുന്നു അതോടൊപ്പം ആ കർത്താവിൻ്റെ തന്നെ പൂർവകർമ്മങ്ങളും മറ്റ് പ്രപഞ്ചഘടകങ്ങളുടെ കർമ്മങ്ങളും ഉണ്ട് ഇവയുടെ ആകത്തുകയാണ് ദൈവം ചെറിയ ഉദാഹരണങ്ങളിൽ തന്നെ നമുക്കത് സ്പഷ്ടമാവും നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കൃഷിക്കാരൻ ഭംഗിയായി കൃഷി ചെയ്തു അയാൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു നെരിൽ വിളഞ്ഞു കൊയ്യാൻ പാകമായി കൊയത്തുകാരും ഉടമസ്ഥനും കൊയ്യാനായി പരമ്പത്തെത്തി കൊയ്യുന്നതിൽ തലേ രസം അല്പം കൊച്ചിനെക്കുറിച്ച് തർപ്പമുണ്ടായി അതുകൊണ്ട് ഉടമസ്ഥൻ ഇല്ല കൊയ്യുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മുടങ്ങി അന്ന് രാത്രി അതിഭയങ്കരമായ മഴയും കാറ്റും ഉണ്ട് വെള്ളപ്പൊക്കം വൈക്കോലു പോലും കിട്ടിയില്ല ആ കൃഷിക്കാരും ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ അടുത്തുതന്നെ വേണ്ടത്രയുണ്ട് അപ്പൊ വെള്ളപ്പൊക്കമൊക്കെ നോക്കിയപ്പോൾ ഒരു സാധാരണമായ കാര്യമല്ലേ അപ്പൊ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്തിനെ സൂചിപ്പിക്കുന്നു ദൈവം അനുകൂലമല്ല ഈ ദൈവത്തെ അനുകൂലമാക്കാൻ എന്താ മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ പരമസത്യം ശാസ്ത്രീയമായി വ്യക്തമായി അറിഞ്ഞ് ആ സത്യത്തിന്റെ പശ്ചാത്തലത്തിൽ കർമ്മം ചെയ്യുക ഈ ദൃഷ്ടാന്തത്തിൽ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ രണ്ടോ മൂന്നോ ഇടം കഴി നെല്ലിൻ്റെ കാര്യം സാരമില്ല ഒക്കെ കൊയ്യാൻ പാകമായി കിടക്കുകയാണ് കൊടുത്തു കാരിച്ച് തലേ ദിവസം കൊയ്തിരുന്നെങ്കിൽ നെല്ല് മുഴുവൻ കിട്ടുമായിരുന്നു ഇത് നെല്ലിൻ്റെ വൈക്കോലു പോലും കിട്ടിയില്ല എന്തായിരുന്നു കാരണം അന്ന് തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ എന്താ കാരണം അത് ദൈവം അനുകൂലമല്ല ദൈവം അനുകൂലം അല്ലാതാവാൻ എന്താ കാരണം നിശ്ചയത്ത് അതാണ് അവനവൻ്റെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള കർമ്മങ്ങൾ ഇവിടെ മേഘവും സൂര്യനും കാറ്റും ഒക്കെ എതിരാകുന്നു പ്രകൃതിയിൽ ആകെയുള്ള ഘടകങ്ങളുടെ കർമ്മം അനുകൂലമാണെങ്കിലേ കർമ്മം വിജയിക്കൂ അത് പ്രതികൂലമാണെങ്കിൽ നിശ്ചയമായിട്ടും വിജയിക്കില്ല എത്ര ഗംഗകളുടെ കർമ്മവും വിജയിക്കില്ല ഇതാണ് കൃഷ്ണൻ പതിനെട്ടാം അധ്യായത്തിൽ കർമ്മ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത് ദൈവം ദൈവം ചെയ്യുവത്ര പഞ്ചമം അഞ്ചാമത്തെ ഹേതുവായി ദൈവത്തെ പറയുന്നു ഇവിടെയാണ് മഹാബലി നോക്കി വാമനൻ വന്നിരിക്കുന്നത് മഹാബലിക്ക് നല്ലവണ്ണം അറിയാമേ വാമനൻ ഭഗവാനാ അപ്പോൾ ഭഗവാൻ ഏതിലാണ് അതുകൊണ്ട് ഗുരു പറഞ്ഞു കൊടുക്കരുത് അതനുസരിക്കാമോ അനുസരിച്ചാലും കർമ്മം വിജയിക്കില്ല കാരണം ഭഗവാൻ തന്നെ വെച്ചിട്ടാണ് അതുകൊണ്ട് ഗുരു പറഞ്ഞ അദ്ദേഹം കേട്ടില്ല അങ്ങനെയായാൽ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടമാവില്ലേ പരിചയം എന്ത് ചെയ്യാനാണ് വലിയ വെള്ളപ്പൊക്കം നോക്കി ഈ അടുത്തിടയിൽ ഇവിടെ നിന്നുണ്ടോ ഒരു ഗുരുരഹനാഥൻ ഇതം അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം തൊണസുട്ട് അദ്ദേഹം വളരെ കാലം കൊണ്ട് വളരെ പണിപ്പെട്ട് വലിയൊരു കുറച്ച് സംബന്ധമൊക്കെ സ്വരൂപിച്ച് വീട് കിട്ടി ഒടുവിൽ മകന്റെ കല്യാണ നിശ്ചയം അതിന് ബന്ധുക്കളെ ഒക്കെ വിളിച്ചുവരുത്തി അത് നിശ്ചയം നടക്കേണ്ട ദിവസം അന്നാണ് കടുത്ത മഴയും ഉരുൾപൊട്ടലും ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം മാത്രമല്ല അന്ന് വിളിച്ചു വരുത്തിയ ബന്ധുക്കളെല്ലാം എല്ലാം പോയി വീടുപോയി ആ ഗൃഹനാഥൻ മാത്രം രക്ഷപ്പെട്ടു എന്താ ചെയ്യുക എന്താ ചെയ്യുക ഇനി എന്താ കർമ്മം ചെയ്ത് കൊണ്ടുപോവുക ഇവിടെ വേറെ രക്ഷയൊന്നുമില്ല ഈ സത്യബോധമുറപ്പിക്കലല്ലാതെ ഒരു വസ്തുവേവുള്ളൂ വേദാന്തം കൃഷ്ണൻ തന്നെ പറയുന്നു ആ സത്യബോധമുറപ്പുവാണെങ്കിൽ പ്രകൃതിയും തന്നെ വളരെയധികം നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് അതാണ് അനന്യാശിന്തയന്തോമാം ഏതിനാപ്പരി ഉപാസത്തെ തേഷാം നിത്യാഹിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം പക്ഷെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വേണ്ടവണ്ണം ധരിക്കാതെ ഞാൻ ദിവസം എങ്ങനെ കോവിലിപ്പോഴുന്നുണ്ട് കോവിലിപ്പോഴും നോക്കുന്നുണ്ട് അർച്ചന നടത്തുന്നുണ്ട് ഗുരുവായൂർ പോകുന്നുണ്ട് മാസം തോറും ഭഗവാൻ എന്റെ കാര്യം നോക്കും അല്ല അങ്ങനെയൊന്നും നോക്കാം എന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അനന്യാശ്ചിന്ത എന്തോമാം ആ പദത്തിൻ്റെ തന്നെ അർത്ഥം എന്താ ഞാനേ ഉള്ളൂ വേറെ ഈശ്വരനല്ലാതെയുള്ളത് മറ്റൊരു വസ്തുവുമില്ല തീരുമാനിച്ചെന്നെ ചിന്തിക്കണം കാണുന്നതിലൊക്കെ ഈശ്വരഭാഗം ഉൾക്കൊള്ളുന്നു അനന്യ എന്ന പദത്തിൽ തന്നെ എന്റെ അർത്ഥം ഏതനാ പര്യുപാസത്തെ ആരൊക്കെയാണോ എന്നെ ചുറ്റും എവിടെ നോക്കിയാലും ഭഗവാൻ തേഷാം നിത്യാഭിയുക്താനം അതും വല്ലപ്പോഴും പോരാ എപ്പോഴും ഭഗവാന് മറക്കുന്ന നിമിഷമേയില്ല എന്തിനു മറക്കണം ഒരു കർമ്മത്തിനും തടസ്സമല്ലല്ലോ ഏത് കർമ്മവും ഭഗവാനെ ഓർമ്മിച്ച് ബ്രഹ്മത്തെ ഓർമ്മിച്ച് ബ്രഹ്മയജ്ഞമായി ചെയ്യണം എന്നല്ലേ ഭഗവാൻ ഗീതയിൽ തന്നെ അഭിപ്രായപ്പെടുന്നത് അപ്പൊ എന്തിനു മറക്കണം അങ്ങനെ തേഷാം നിത്യാഹിയുത്താന യോഗക്ഷേമം വഹാംഹം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ധർമ്മബുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവം പാണ്ഡവന്മാർ ഭഗവാൻ കൂടെ നടക്കുന്നു പാണ്ഡവന്മാരുടെ കാര്യം വല്ലതും കൃഷ്ണൻ നോക്കിയോ വ്യാസന്റെ കഥയെക്കുറിച്ചുകൊണ്ട് നോക്കിയാൽ ഒന്നും നോക്കിയില്ല ഭഗവാൻ എന്തിനാ യുദ്ധം കഴിഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ധർമ്മപുത്ര പാണ്ഡവന്മാരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ സഹിതം അശ്വത്ഥമാരി ആക്രമണത്തിൽ വധിക്കപ്പെട്ടു പിഞ്ചു കുഞ്ഞുങ്ങൾ അവരിഴുന്ന കൂടാരങ്ങളൊക്കെ തീവച്ച് നശിപ്പിക്കപ്പെട്ടു ധർമ്മപുത്ര ആകെ അവശനായി അവശനായി രാജ്യഭാരണയേക്കണം രാജ്യം ഭരിക്കാൻ ആടില്ല ഇദ്ദേഹം നിലവിളിക്കുകയാണ് കിടന്ന് പിടഞ്ഞ് നിലവിളിക്കുകയാണ് വ്യാസനുപദേശിച്ചു നോക്കി കൃഷ്ണനുപദേശിച്ചു നോക്കി കേട്ടില്ല വ്യാസാദ്യയിൽ ഈശ്വരേഹാജ്ഞയി കൃഷ്ണേനദ്ഭുതകർമ്മമാണ് അദ്ഭു വ്യാസൻ ഈശ്വരേച്ഛ അറിയുന്ന വ്യാസൻ അദ്ഭുത സ്ഥികളൊക്കെയുള്ള കൃഷ്ണൻ അത്ഭുത സ്ഥികളുള്ള നമ്മുടെ ഒരു ബന്ധു എന്നെ കൃഷ്ണനെക്കുറിച്ചൊക്കെ ചിന്തയുള്ളൂ ധർമ്മപുത്രർക്ക് കൃഷ്ണേൻ അദ്ഭുതകർമ്മ പ്രബോധീത്തോക്ക് ഇതിഹാസയിലെ പല കഥകളും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ധർമ്മപുത്രരെ ബുദ്ധ്യത്ത ഒന്നും സ്വീകരിച്ചില്ല ശുചാർപ്പിക്ക എന്നാണ് വ്യാസൻ വളർത്തിരിക്കുന്നത് ഇത് കണ്ടാലത്തോന്നും ധർമ്മവത്തരം തന്നെ ദുഃഖത്തിനു വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ കിടന്ന് പെടയി ഒരു തരത്തിലൊന്നും നിർവാഹമില്ല കോടിയിൽ എന്ത് ചെയ്തു കൃഷ്ണൻ കൃഷ്ണൻ അവതാരപുരുഷനാണ് പക്ഷെ ധർമ്മപുദ്ധർക്ക് ബോധ്യം വേണ്ടേ ഈശ്വരനാണ് ബോധ്യമല്ല നമ്മുടെ അളിയുദ്ധമൊക്കെ പേരൊക്കെ തെളിച്ചു അതൊക്കെ ഉറപ്പുവരണ്ട എന്ത് ചെയ്യാനാണ് ഒരു കൃഷ്ണൻ എന്ത് ചെയ്തു പാണ്ഡവന്മാരെയും ഒക്കെ കൂട്ടി ഭീഷ്മമാരുടെ അടുക്കളേക്ക് പോയി ഭാഗവതത്തിൽ അത്യന്തം ശ്രദ്ധേയമായ ഒരു സന്ദർഭമാണ് ഭീഷ്മർ ശരസേനത്തിൽ കിടക്ക് മരണം പ്രതീക്ഷിച്ചു കിടക്കുന്നു അപ്പൊ കൃഷ്ണൻ പാണ്ഡവന്മാരഞ്ചു പേരും തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നത് ഭീഷ്മർ കണ്ടു അദ്ദേഹത്തിന്റെ കണ്ണിൽ ഏതാനും കണ്ണുനീർത്തുള്ളികൾ പൊടിഞ്ഞു അപ്പൊ ധർമ്മപുത്രരെ അടുത്തി എന്ന് ചോദിച്ചു അപ്പൂപൻ എന്താ കരയുന്നത് അപ്പനി ദേവരെ കരഞ്ഞ് കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പോ കരയാൻ ഇടയാണ് ഭീഷ്മര് പറഞ്ഞു മധയാ ഞാൻ കരയൊന്നുമല്ല നിങ്ങളെ അഞ്ചുപേരെയും ഈ കൃഷ്ണനോടൊപ്പം കണ്ടപ്പോ ഈ കൃഷ്ണനെ ഉദ്ദേശിച്ച് എന്റെ കണ്ണിൽ ഒന്ന് രണ്ട് കമ്മനേർച്ചുള്ള ഒന്നു എന്നല്ലാതെ ഞാൻ കരയുന്ന പ്രശ്നമേ ഇല്ല എന്താ കാര്യം കാര്യം മറ്റൊന്നുമല്ല എത്ര ധർമ്മസൂതവോ രാജ നീ ആണെങ്കിൽ സാക്ഷാൽ ധർമ്മത്തിൻ്റെ മൂർത്തിഭാവം ധർമ്മബുദ്ധൻ എത്ര ധർമ്മസൂതവോ രാജ ഗാപാണർ വൃഗോദര ഭീഷ്മ ഭീമൻ ഗതാ യുദ്ധത്തിൽ ലോകത്ത് മുഴുവൻ ജയിക്കാൻ കഴിവുള്ള ഭീമൻ കൃഷ്ണോസ്ത്രീ ഗാന്ഡിവം ചാപം അസ്ത്രവിദ്യയിൽ അതിവിലഗ്ധനായ സവ്യസാചിയായ അർജുനൻ അഗ്നി അനുഗ്രഹിച്ചു നൽകിയ വില്ല് ഗാണ്ഡിവം ചാപം ൃണ കൃഷ്ണൻ കൂടെ നടക്കുന്ന സുഹൃത്ത് നമുക്കൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു കൃഷ്ണന് അടുത്തില്ലല്ലോ സുഹൃത് കൃഷ്ണ തസോ വിപത്ത് എന്നിട്ടും ഇത്ര നാളായും ധർമ്മപ്തരെ ഞങ്ങൾക്കും അനിയന്മാർക്കും മറ്റെന്തുണ്ടായിട്ടുണ്ട് എന്താ വല്ലതും ഉണ്ടായോ കൃഷ്ണൻ പാണ്ഡവന്മാർക്ക് ആപത്തല്ലാതെ കാര്യമായി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ടോ ആലോചിച്ചോളൂ നമ്മളൊക്കെ കൃഷ്ണന് ഭജിക്കുന്നവരാണ് ഇടം എന്ന് പറഞ്ഞാൽ ഭജിക്കേണ്ട എന്നൊന്നുമല്ല അർത്ഥം എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു അരോധർമ്മയെ മഹ്യസ്യ കർഹിചിത്യം ഉമാൻ വേദവിചിത്സിത്തം യുജിജ്ഞാസയാ മൂനം മുഹ്യന്തി കവയോപി ഈ കൃഷ്ണൻ നിങ്ങൾ കാണുന്ന ഈ വസുദേവുത്രനും മറ്റുമല്ല ഈ കൃഷ്ണൻ കൃഷ്ണസ്യത് മഹ്യസുഷിദ്ജൻ പുമാൻ വേദവിധിതം ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു പിടിയുമില്ല ധർമ്മപുത്രേ പുമാൻവേദ വിചിക്ഷിത്വം യദ്വിജിജ്ഞാസയാ മൂലം മുഹ്യന്തി കവയോപിഹി വലിയ വലിയ ചിന്തകന്മാർ ശാസ്ത്രജ്ഞന്മാർ അവർ പോലും ഇയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്നും എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല ഭീഷ്മർ പറയുകയാൾ ഇതവിടെ കിട്ടുന്നുണ്ടോ ഈ ബ്രഹ്മം എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രപഞ്ചമുണ്ടാ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക എന്തിനാ അവിടെ മുതൽ ചോദിക്കുക എന്തിനാ ഇദ്ദേഹം എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത് അവയെ ഇങ്ങനെ ചുറ്റിക്കറക്കുക നിമിഷം നിശ്ചലമായി നിൽക്കാൻ അനുവദിക്കാതെ ചുറ്റിക്കറക്കുക സൂര്യനയും ചന്ദ്രനയും ഒക്കെ അല്ല സാമസം സൂര്യൻ കറങ്ങുന്നില്ല എന്നാണല്ലോ അങ്ങനെയൊന്നുമല്ല ഇപ്പോ പിടികെട്ടിട്ടുള്ളത് സൂര്യനുമൊക്കെ അതിവേഗം എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രത്തിന് തന്നെ പിടികെട്ടിയിരിക്കുന്നത് ഈ സൂര്യനെങ്ങോട്ടാണ് പായുന്നത് അല്ല നമുക്കിവിടെ പല ബുദ്ധിമുട്ടുകളും ഉള്ളത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഈ സൂര്യനും ചന്ദ്രനും സൗരയൂഥ ഘടകങ്ങളുമൊക്കെ മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വിധം പാഞ്ഞുകൊണ്ടിരിക്കുന്നു പത്ത് പതിനാല് ശാസ്ത്രജ്ഞന്മാർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇത് എങ്ങോട്ട് പോയുന്നുല്ല എന്തിന് പോയുന്നു ഇവിടെ ചെന്ന് ഈ പാച്ചിൽ അവസാനിക്കും ഞാനിതൊക്കെ പറയുന്നത് ഒന്നും പേടിക്കാനില്ല നമുക്കിവിടെ കുറച്ച് ദുഃഖം ഒന്ന് നമ്മൾ കരുതുന്നു സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ദുഃഖം എന്ന് വെച്ചാൽ എന്തിനായി ഈ പാച്ചില് സ്വസ്ഥതയുണ്ടാവും ആരറിയുന്നു വാസ്തവത്തിൽ അപ്പോ എന്തിനാണ് ഇയാൾ ഇതൊക്കെ ഉണ്ടാക്കി ണിക്കുമെന്ന് മഹേസ കരഹജരാജൻ ഉമാൻ വേദവിചിക്ഷിത്വം വിജിജ്ഞാസയാഹ്യന്തി കവയോറു ചിന്തകനും സർവത്തരെ പിടികിട്ടിട്ടില്ല അതാ അപ്പം നിങ്ങളെന്ത് വേണം എടോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോകില്ല ഈ ലോകം എന്താണ് ഇവിടെ എന്തിനും ഒന്നും തൽക്കാലമൊന്നും ചിന്തിച്ച ഒന്നും വിടയിട്ടില്ല ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മം ആ ഭഗവാന് അർപ്പിച്ച് ഭഗവത് പൂജയായി സത്യം ചിന്തിച്ചറിയണം സത്യമൊന്നേ അറിയൂ ബോധസ്വരൂപമായ ഒരു ബ്രഹ്മം സർവത്ര നിറഞ്ഞ നിശ്ചലമായി നിൽക്കുന്നു ഈ ചഞ്ചലമായി കാണുന്ന സർവവും അതിലെ വെറുതേന്ദ്രജാലം ഗന്ധർ വന്ന ഗലം പോലെ ഒരു പ്രപഞ്ചം ഇതെന്തിലെന്നോ എവിടെ നിന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല ഇനി ഒരിക്കലും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിശ്ചയം കിട്ടാനും പോകുന്നില്ല എവിടെ പോയാലും അക്കാര്യത്തിലൊന്നും സംശയമേ വേണ്ട പക്ഷേ ഈ സത്യമറിയൂ ഇവിടെ ഇങ്ങനെ ഒരു സത്യമുണ്ട് ബോധസ്വരൂപമായ ഒരു സത്യം അതിയുക്തിക്ക് പിടികിട്ടും ഏതുണ്ടെങ്കിൽ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിക്കറങ്ങ് ഏത് ഇല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുകയില്ല ബോധം ഇതാർക്കാ പിടികിട്ടാത്തത് ബോധം എന്ന രണ്ടക്ഷരത്തിൽപ്പെടുന്ന വസ്തു ബോധം ബോധമെന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ചാലോ സാറേ പിന്നെ ആവർത്തിക്കേണ്ടത് ആ രണ്ടക്ഷരം ഉൾക്കൊള്ളുന്ന വസ്തു ഉണ്ട് ഞാനുണ്ട് ഈ പ്രപഞ്ചമുണ്ട് എന്നനുഭവിക്കാൻ കഴിയുന്ന ഒരേ വസ്തു രണ്ടാമതൊരു വസ്തു ഇല്ല ആ രണ്ടക്ഷരത്തിൽപ്പെടുന്ന വസ്തു ഇല്ലെന്ന് ഒരു പ്രപഞ്ചവും എല്ലാം തീർന്നു അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ബോധം തന്നെ ഈ സത്യം നല്ലവണ്ണം എത്ര വേണോ ആലോചിച്ചുള്ള ആരുമായിട്ടൊക്കെ വേണോ ചർച്ച ചെയ്തു നോക്കുക ഇതിനെതിരായി എന്തെങ്കിലും യുക്തി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആചാര്യസ്വാമികളും മറ്റും പെരുമ്പര അടിച്ചു ഘോഷിച്ച് അല്ലാതെ ഞാൻ പറയുന്നതല്ല വെല്ലുവിളിക്കുകയാണ് ആരുണ്ട് ഈ സത്യത്തെ അന്യഥാകരിക്കാൻ കഴിയുന്ന ആരുണ്ട് കടകുണ്ട്യാധികം സർവം മൃത്തികാമാത്രമേ വഹി തദ്വദ്രം അജഗത്സർവം ഇതി വേദാന്ത ഡിണ്ടിമഹ ചോര് കുടം കല്ലം ഇങ്ങനെ കാണുന്നതൊക്കെ മണ്ണ് പിന്നെന്താ അവ ഇങ്ങനെ പലതായി കാണുന്നത് അത് മണ്ണിലൊരു രൂപമൊരു പേര് രൂപവും പേരും പുതിയ വസ്തുണ്ടാക്കുന്നില്ല മണ്ണുണ്ടോ പാത്രങ്ങളുണ്ട് മണ്ണില്ലേ പാത്രങ്ങളില്ല ഇത് ഉപനിഷത്തിൻ്റെ ദൃഷ്ടാംഗമാണ് അതുണ്ട് പാത്രങ്ങളൊക്കെ മണ്ണ് ബോധമുണ്ടോ ജഗത്തുണ്ട് എത്ര ലളിതം ഈ ലളിതമായ സത്യം ഉൾക്കൊള്ളാനും അതിന്റെ പശ്ചാത്തലത്തിൽ പ്രപഞ്ചത്ത് കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രനിലോ സൂര്യനിലോ ഒക്കെ പോയി കരയാൻ മാത്രമേ സാധിക്കൂ യാതൊരു സംശയവും വേണ്ട തന്നലിനെ പോയി കരയാം നിരാശപ്പെട്ട് തിരിച്ചു വരാം പോകുന്നതിലൊന്നും വിരോധമില്ല നിശ്ചയമായിട്ടും പോണം അതൊക്കെ നമ്മളെ കളി അരാ പോകുന്നതിനെക്കുറിച്ചൊന്നും വേദാന്തം ഒരിക്കലും മോശമായിട്ട് പറയില്ല പക്ഷേ നിങ്ങളീ സത്യം അറിഞ്ഞ സന്തോഷത്തോടുകൂടി പോവും ഇതാ മരിക്കാൻ കിടക്കുന്ന ഭീഷ്മർ ശരസേനച്ചു കളക്ക് അതിസതീവ സന്തുഷ്ടൻ കർമ്മബുദ്ധി എന്റെ കണ്ണിൽ കണ്ണീരൊന്നുമില്ല പക്ഷേ അല്ല നിങ്ങളൊരു കാര്യത്തിൽ ഇതാണ് വസ്തുസ്ഥിതി അപ്പൊ ഈ വസ്തുസ്ഥിതി അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം തസ്മാതും ദൈവതന്ത്രം വ്യവസ്യ ഭരതൃഷഭ ഈ ഒറ്റ ശ്ലോകം ഓർമ്മിക്കുക അതുകൊണ്ട് ധർമ്മബ്ദ്ധത്തെ ഈ ജഗത്ത് നിങ്ങളുടെ ആരുടെയും കയ്യിലല്ല ഒരു ശാസ്ത്രജ്ഞന്റെയും കയ്യിലല്ല ഈ ജഗത്ത് ദൈവതന്ത്രമാണ് ദൈവത്തിൻ അധീനം തന്ത്രം എന്ന് വെച്ചാൽ അധീനം ദൈവത്തിനധീനമാണ് ദൈവം എന്ന് പറഞ്ഞാൽ ആ ബോധസത്ത കാരണം ആ ബോധസത്തയുടെ ഇന്ദ്രജാലമാണ് സകല നാമരൂപങ്ങളും കർമ്മങ്ങളും അപ്പോ ആ ഇന്ദ്രജാലികൻ ബോധസത്തയാണ് ബ്രഹ്മമാണ് അതുകൊണ്ട് തസ്മാദം ദൈവതന്ത്രം വ്യവസ്യ തീരുമാനിക്കൂ സമൂഹത്തെ ഇത് ദൈവത്തിനധീനമാണ് ഈ പ്രപഞ്ചം ശാസ്ത്രീയമായി തീരുമാനിക്കൂ ഞാൻ പറയുന്നു എന്ന് വെച്ച് കണ്ണു നടത്തുന്നു വിശ്വസിക്കണ്ട ദൈവതന്ത്രം വ്യവസ്യ ഫലദർഷപ്പ തസ്യനുവിഹിതോ ഒരു നിമിഷം അദ്ദേഹത്ത മറക്കഥത്തെ അനുവിഹിതവും വെച്ച് നേരത്തെ നമ്മളിവിടെ ഗീതയിൽ വായിച്ചതുപോലെ സർവധർമാൻ പരിത്യച് മാം ഏകം ശരണം ആ ഭഗവാൻ അർപ്പിക്കും എന്ന് വെച്ചാൽ എല്ലാം ഭഗവത്മയമായി കാണൂ മനസ്സുകൊണ്ട് ഇതിനെന്താ പ്രയാസം തസ്യാനുവിഹിത്വോ അനാഥനാഥപാഹി പ്രജാപ്രഭോ തൽക്കാലം രാജ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുക നിങ്ങളാണ് ഭരിക്കേണ്ടയാൾ അത് ഞാൻ അധർമ്മം ചെയ്ത് അല്ലേ രാജ്യമെടുത്തത് എന്റെ ഗുരുക്കന്മാരെ കൊന്നില്ലേ അപ്പന്മാരെക്കൊന്നിലേടോ അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട നിങ്ങളൊന്നും അല്ല അതൊന്നും കൊന്നതോ ഇജ്ഞാനത്തിൽ ഒന്നുമല്ല ഇത് ഭഗവാന്റെ കളി ഇതും ദൈവതന്ത്രം നിവസ്യ ഈ നടന്നതൊക്കെ ഭഗവാന്റെ കളി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ രാജ്യം കിട്ടിയിരിക്കുന്നു അത് ഭരിക്കൂ എങ്ങനെ ഭരിക്കണം സസ്യാനുവേദിത്വോ അദ്ദേഹത്തിനർപ്പിച്ച് അദ്ദേഹത്തിന്റെ പൂജ എന്ന നിലയിൽ രാജ്യം ഭരിക്കൂ പോയി അല്ല എല്ലാം ഭരിക്കില്ല അതാണ് ധർമ്മം ഇതാണ് അധർമ്മ ഏതോ അങ്ങനെ ഒന്ന് ഇവിടെ ധർമ്മം അധർമ്മ വേർതിരിക്കാനൊന്നും ആർക്കും സാധ്യമല്ല ആർക്ക് തസ്യനവിഹിതോ അനാഥ നാഥപാഹി പ്രജാപ്രഭോ എന്ന് പറഞ്ഞ ഭീഷ്മർ ദൈവതന്ത്രം നിവസ്യ ദൈവം ദൈവം ദൈവം ദൈവത്തിന്റെ പിടിയിലാണ് ഈ പ്രപഞ്ചം അനേക ഒരുമിച്ച് കർമ്മം ചെയ്യുന്നു അതിലൊരു ഘടകത്തിന്റെ കർമ്മം പ്രതികൂലമായാൽ ആരുടെ കർമ്മവും പരാജയപ്പെടും ഞാനാണ് ചെയ്യുന്നത് കൃഷ്ണൻ ഗീതയിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ദൈവങ്ങൾപ്പെടെ അഞ്ചു കാരണങ്ങൾ വേണമെന്നുള്ളപ്പോൾ ആരെങ്കിലും ഞാനാണ് കർമ്മം ചെയ്യുന്നത് ഞാനാണ് വിജയിക്കുന്നത് എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അർജുന അവനേക്കാൾ വിട്ടി ഈ ലോകത്തിന് വേറെ ആരുമില്ല അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ധർമ്മപത്വരെ അയക്കുക എന്തായാലും ബ്രഹ്മനിഷ്ഠനായ ബലിക്കൻ ഏതൊക്കെ നല്ല ഉറപ്പ് അതാണ് അസുരനാണ് നല്ല ഉറപ്പ് അപ്പൊ ബലിയുടെ അനുചരന്മാർ വിശ്വരൂപനായ ഭഗവാനെ എതിർക്കാൻ വന്നു ബലി പറഞ്ഞു വെണ്ണ അദ്ദേഹത്തെ എതിർക്കുന്ന അദ്ദേഹത്തെ ഇപ്പൊ എതിർത്താൽ നമുക്കൊരിക്കലും ജയിക്കാൻ സാധ്യമല്ല യോം നോ ഭവായ പ്രാകാശി അഭവായ ദിവബുഗസാം സയേവഗവാൻ അദ്യ വർത്തത്തെ പരിചയം അല്ലെ അനുചരന്മാര് ഈ ഭഗവാൻ കുറച്ചു മുമ്പ് നമുക്കനുകൂലമായിരുന്നു അതല്ലേ നമ്മള് ദേവന്മാരെ ഒക്കെ അടിച്ചു പുറത്താക്കിയത് ഭഗവാൻ അനുകൂലമല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കില്ല അപ്പൊ ഇല്ലെങ്കിൽ നമുക്കൽപ്പം മുമ്പ് അനുകൂലമായിരുന്നു ഇപ്പൊ നമുക്ക് പ്രതികൂലമായിരിക്കുന്നു അതെന്താ ഇപ്പൊ പ്രതികൂലമായത് എന്നും ചോദിച്ചിട്ട് കഥയില്ല ഈ ഇന്ദ്രജാലത്തിൽ ഇങ്ങനെയൊക്കെയാണ് അത്രയുള്ളൂ യോ നോ സയവ ഭഗവാൻ അദ്യവർത്തീ പര്യം ഇപ്പം നമുക്കെതിരായി നിൽക്കുന്നു അതിന് സാരനല്ല നമുക്ക് ബലമുണ്ട് ഓട്ടപത്രങ്ങളുണ്ട് മന്ത്രൌഷധങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ഈ രൂപത്തെ ചരുത്തുകളയാൻ അസുരന്മാരെ ഒരിക്കലും സാധ്യമല്ല അതാണ് ബലേന സജിവയറും ബുദ്ധിയ ബലം നല്ല മിടുക്കന്മാരായ മന്ത്രിമാരുള്ളതുകൊണ്ടോ അതിരറ്റ ബുദ്ധിശക്തിയുള്ളതുകൊണ്ടോ ദുർഗൈര മന്ത്രഔഷധാതിഭി നല്ല കോട്ടപത്രങ്ങളുണ്ട് നല്ല ഉഗ്രങ്ങളായ മന്ത്രങ്ങളുണ്ട് മരുന്നുകളുണ്ട് ഒന്നും പറ്റില്ല സാമാതിഭിരുപായിച്ച സാമധാന ഭേദദണ്ഡങ്ങളെന്ന ചതുരുപായങ്ങളുണ്ട് അസുരന്മാരെ ഇതൊന്നുകൊണ്ടും കാലം നാസ്യേ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കടന്നു പ്രവർത്തിക്കാനേ സാധ്യമല്ല ദൈവാനുകൂലമാണെങ്കിൽ നിശ്ചയമായും ആ ആനുകൂല്യം ഉപയോഗിച്ച് കർമ്മം ചെയ്ത് വിജയിക്കൂ പ്രതികൂലമാണെങ്കിൽ ഭഗവാൻ പ്രതികൂലമാണ് എന്ന് സമാധാനിച്ച് സർവത്ര ഭഗവാനെ കണ്ട് ശുദ്ധനായി ആനന്ദസ്വരൂപനായി വർത്തിക്കൂ അല്ലാതെ അരയുള്ള യാതൊരു മാർഗവും ഇല്ല ബലയേന സജീവരും ബുദ്ധിയ ദുർഗയിലും മന്ത്രൌഷധാതിഭി സാമാതിഭിരുപായേശ്ച കാലം കാലം എന്ന് വെച്ചാൽ ദൈവം കാലം നാറ്റേജിവൈ ജന ഒരിക്കലും ഈ കാലത്ത് കടന്നു നിൽക്കാൻ സാധ്യമല്ല അത് തന്നെയാണല്ലൊ ഭീഷ്മരും ധർമ്മപുത്രരോട് പറഞ്ഞത് ഇത്രയുമായി ഇത്രയുമായിട്ട് ബലി ഭഗവാനോട് പറഞ്ഞു തം ഇത്രയുമായപ്പോഴേക്കും ഗരുഡൻ വന്നു ചേരുന്നു ഭഗവാൻ വിശ്വരൂപം കൈക്കൊണ്ട് നിൽക്കുകയാണ് കൃഷ്ണൻ വിശ്വരൂപം അതൊക്കെ കൃഷ്ണൻ തന്നെ അല്ല വാമനൻ മനന്ദന് കുറെ കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാൻ സ്വൽപ്പോ കള്ളമൊക്കെയാണ് ഇവനോട് പറഞ്ഞത് പക്ഷെ എന്നിട്ട് പോലും അവൻ സത്യമുപേക്ഷിച്ചില്ല അതുകൊണ്ട് മഹാബലി മായയെ ജയിച്ചിരിക്കുന്നു എന്നിനി നമ്മളടുത്ത ദിവസം ചർച്ച ചെയ്യും മായാ മഹാബലിയുടെ മായാ ജയം എന്താ വേണമെങ്കിൽ മഹാബലിക്ക് തീർത്തു പറയാം എടോ നിങ്ങളൊരു പൊക്ക ഒന്നുമില്ലാത്ത ഒരു ഒരു കൊച്ചനായിട്ടല്ലേ ഇവിടെ വന്ന എന്നോട് മൂന്നടി ചോദിച്ചത് ഞാൻ വിശ്വരൂപന് മൂന്നടി കൊടുത്തിട്ടില്ല ഞാനൊരു കൊച്ചൻ ബ്രഹ്മചാരിക്കാണ് മൂന്നടി കൊടുത്തത് നിങ്ങൾക്ക് ഇത് രണ്ടടി കൊണ്ട് ഈ ലോകം മുഴുവൻ അളഞ്ഞെടുക്കാനൊന്നും യാതൊരു അവകാശവും ഇല്ല വേണമെങ്കിൽ തിരസ്കരിക്കാമായിരുന്നു ഒന്നും ചെയ്തല്ല അപ്പോഴേക്കും ഗരുഡൻ വന്നു വരുണപാശം കൊണ്ട് മഹാബലിയെ പിടിച്ചു വരിഞ്ഞു കെട്ടി മഹാബലി അസുരചക്രോസത്തിൽ സാരനില്ല തം ബദ്ധം വാരുണൈഹിപ്പാശൈഹി വരുണപാശം കൊണ്ട് കെട്ടി തം ബദ്ധം വാരുണൈപ്പാശൈഹി അങ്ങോട്ട് ബന്ധിച്ചു നഷ്ടശ്രീയവും ഐശ്വര്യം മുഴുവൻ കവർന്നെടുത്തു അങ്ങനെയുള്ള ഈ മഹാബലിയോട് വാമനൻ പറഞ്ഞു വാമനൻ എന്താ പറഞ്ഞത് നീ മഹാക്കള്ളനാണ് ബലിയോട് പറയുകയാണ് എന്താ മൂന്നടി എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ വാസ്തവത്തിൽ അപ്പോഴും മഹാബലിക്ക് മറുപടി പറയാമായിരുന്നു നിങ്ങൾക്ക് തരാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടിട്ടില്ല പക്ഷെ അതൊന്നും പറഞ്ഞില്ല കള്ളനും എനിക്ക് മൂന്നടി തരാമെന്ന് പറഞ്ഞിട്ടിപ്പ രണ്ടടിയേ ഉള്ളൂ എവിടെ മൂന്നാമത്തെ അടി അത് ഇത്രയുമായപ്പോൾ മഹാബലി ഏവം വിപ്രകൃത്തോ രാജനം നഷ്ടശ്രിയം അവിടെ പറയുന്നു തംബദ്ധം ആരുള്ള ഇപ്പാശേഹി ഭഗവാൻ ആഹവാമന വരണഭാഷം കൊണ്ട് കെട്ടിവലിഞ്ഞിട്ടിരിക്കുന്ന വാമനനോട് അല്ല മഹാബലിയോട് ഭഗവാൻ ആഹവാമന വാമന ഭഗവാൻ പറഞ്ഞു എങ്ങനെയുള്ള മഹാബലി നഷ്ടശ്രീയം സ്ഥിരപ്രജ്ഞം ഇവിടെ പോകും എല്ലാം നഷ്ടമായി പ്രജ്ഞ മാത്രം യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നിൽക്കുകയാണ് നഷ്ടപ്രിയം സ്ഥിരപ്രജ്ഞം അത് തന്നെയാണ് സ്ഥിരപ്രജ്ഞൻ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ ഗീതയില് സ്ഥിതപ്രജ്ഞൻ നഷ്ടശ്രിയം സ്ഥിരപ്രജ്ഞം ഉദാര യശസ്വൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വാമനൻ വാമനന്റെ മുഖത്തിന്റെ പ്രസാദത്തിന് യാതൊരു കുറവുമില്ല അങ്ങനെയുള്ള വാമനോടാണ് ഭഗവാനും പറഞ്ഞത് നീ കള്ളനാണ് അല്ല മഹാബലിയോടാണ് ഭഗവാൻ പറഞ്ഞത് നീ കള്ളനാണ് എനിക്ക് മൂന്നടി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടടിയെ തന്നുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോ ഏവം വിപ്രകൃത്തോ രാജന് അപരീക്ഷിത്ത് പരീക്ഷിത്തിനോട് ശുഖൻ പറയുകയാണ് അല്ലയോ രാജാവെ പരീക്ഷിത്ത് ഏവം വിപ്രകൃത്ത ഇങ്ങനെ വളരെയധികം ഉപദ്രവിക്കപ്പെട്ട ആ ബലിർ ഭഗവത അസുര ഭഗവാനാൽ ഉപദ്രവിക്കപ്പെട്ട ബലി ഭിജ്യമാനോപ്യഭിന്നാത്മാ പുറമെ എല്ലാം നഷ്ടപ്പെടുന്നവനായി മറ്റുള്ളവർക്ക് തോന്നിയെങ്കിലും അഭിന്നാത്മാ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്റെ ആത്മാവിന് യാതൊരു ചലനവും ഉണ്ടായില്ല അപ്പൊ സ്ഥിരപ്രജ്ഞൻ അഭിന്നാത്മാ എന്താണ് സ്ഥിരപ്രജ്ഞ ഇവിടെ ഒരു ഈശ്വരദത്വമേ ഉള്ളൂ പലത് കാണുന്നത് വെറും ഭ്രമം അതും ഒക്കെ ഭഗവാൻ തന്നെ ഭ്രമമെല്ലാം വസ്തുതന്നെ അതുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന അനുഭവത്തിന് ഒരു കോട്ടവുമില്ല അതാണ് ഭിജ്യമാനോപ്യഭിന്നാത്മാ ആത്മാവ് ഭിന്നിച്ചില്ല ആത്മാവിൽ ഈ ഒരൊറ്റ അറിവ് ഇത് ശാസ്ത്രീയമായ അറിവെന്ന് വേണ്ട അല്ല ഇങ്ങനെയൊക്കെ പറ്റുമോ സർ ശാസ്ത്രീയമായ ഒരു തത്വം ആവർത്തിച്ച് ഉറപ്പിച്ചാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും ആ തത്വം സത്യം ഞാൻ പറഞ്ഞില്ലേ ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകും എന്ന് ബോധ്യപ്പെട്ടാലും എനിക്ക് സത്യം വേണ്ടെന്ന് പറഞ്ഞാൽ കാര്യം പറ്റില്ല ലാബറട്ടറി പോയി നോക്കിയൊക്കെ പരീക്ഷിച്ചുറപ്പിച്ചതാണ് ഞാൻ ഇപ്പൊ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് എനിക്ക് ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്ന സത്യം തൽക്കാലം പറ്റില്ല നിങ്ങൾ ആ സത്യം അനുഭവിച്ചേ അതുപോലെ ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിക്കുക ഭാഗവതം മംഗളശ്ലോകം മുതൽ പറയുന്നതല്ലേ ജന്മാദ്യസ്യതോ അന്വയാദിചരഥ മംഗളശ്ലോകത്തിൽ ആദ്യത്തെ വരി ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട് ഏതില്ലെങ്കിൽ ഈ ആവർത്തിച്ച് ചിന്തിക്കുക ചെയ്യുക ബോധമുണ്ടോ ജഗത്തുണ്ട് ഞാനുണ്ട് ജഗത്തുണ്ട് ബോധമില്ലേ ഞാനെന്ന ബോധമില്ലേ ഞാനില്ല ജഗത്തില്ല അതുകൊണ്ട് ജഗത്ത് ബോധം അതായത് ബ്രഹ്മം സർവം ബ്രഹ്മമയം ബ്രഹ്മയിൽ വേണം നാന്യതാഭാത്തി ബ്രഹ്മം മാത്രം മറ്റൊന്നും തന്നെ ീ ശാസ്ത്രീയമായി ചിന്തിച്ചുറച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉറയ്ക്കും കാരണം ശാസ്ത്രീയമായ ഉറപ്പാണ് അല്ലാതെ നമ്മൾ വെറുതെ കണ്ണുളച്ച് വിശ്വസിച്ച് ഉറപ്പല്ലോ അതുകൊണ്ട് ഭിദ്യമാനോപ്യഭിന്നത്മാ പ്രത്യാഹ അവിക്ലവം വച യാതൊരു വതറിച്ചയും കൂടാതെ അവിക്ലവം വചഹ ആ സ്വരത്തിന് ഒരു പതർച്ചയുമില്ല പറഞ്ഞു എന്തു പറഞ്ഞു അല്ലയോ ഭഗവൻ അങ് മറ്റെന്തു വേണം ചെയ്തോളൂ പക്ഷേ എന്നെ കള്ളനെന്ന് വിളിക്കണ്ട ഞാൻ മൂന്നടി തരാൻ എന്ന് മൂന്നടി തരും സംശയമേ മൂന്നാമത്തെ അടി എന്റെ തലയിൽ വെച്ചുള്ളൂ എന്താ കാര്യം അങ്ങയെ വിദ്വേഷഭക്തിയിൽ കൂടി ഭജിച്ച് എന്റെ പൂർവഗാമികൾ പലരും മോക്ഷസുഖം അനുഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ തന്നെ പിന്നെ എന്റെ അപ്പ കാര്യം പറയാനുള്ള ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോ അപ്പപ്പൻ അവിടെ എത്തിക്കഴിഞ്ഞു പ്രഹ്ലാദൻ പ്രഹ്ലാദൻ വിശ്വരൂപം ഭഗവാൻ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ പ്രഹ്ലാദൻ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഭഗവാൻ അസ്തുതിച്ച് അങ് എന്റെ ഈ ചെറുമോനെ അത്യധികം അനുഗ്രഹിക്കുക അല്ലാതെ അങ്ങ് അവനൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല അങ്ങയുടെ അതിരക്ത കാരുണ്യത്തിനിവൻ മാത്രമായിരിക്കുന്നു അത് മഹാബലിക്കും അറിയാം യഥാ വൈരാനുബന്ധേന വൈരാനുബന്ധം വിദ്വേഷഭക്തി ീ വിദ്വേഷഭക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭക്തി ഭക്തി ഭക്തി ഇത് ഭാഗവതമൊന്നും വേണ്ടവണ്ണം വായിച്ച് മനസ്സിലാക്കാതെ ഭക്തിയുടെ ആഴം എന്തെന്ന് ഗ്രഹിക്കാതെ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാലൊന്നും ശരിയായ ഈശ്വരാനുഗ്രഹം കിട്ടില്ല കിട്ടാൻ പ്രയാസമാണ് നാരദൻ പറയുന്നു യഥാ വൈരാനുബന്ധേന മർത്യസ്തംമയ താമിയാൽ തഥാ നക്തിയോഗേന ഇതി മേ നിശ്ചിതാമതി ഇത് നാരദൻ ഭക്തിസൂത്രമെഴുതിയ ആളാണ് നാരദൻ വൈരം കൊണ്ട് ഭഗവാനിൽ ഏകാഗ്രപ്പെടുക ഈശ്വരനാണ് പക്ഷേ വിദ്വേഷം കുട്ടിക്കാലം മുതൽ ഈശ്വരനിൽ വിദ്വേഷം ആ വിദ്വേഷം വളർത്തി പക്ഷേ ഈശ്വരൻ എന്ന ഭാവം നിരന്തരം നിലനിർത്തി പലരും രാവണൻ കുംഭകർണൻ ഇവരൊക്കെ വിദ്വേഷഭക്തരാവും എന്റെ ശത്രു ഭഗവാൻ അദ്ദേഹം കൊല്ലും അത് വിചാരിച്ച് വിചാരിച്ച് തന്നെ അവർക്കൊക്കെ ഭഗവത്മയമായി തീർന്നു കംസൻ ഭയം കൊണ്ടാണ് ഭക്തിയുടെ ഒക്കെ പ്രധാന കാര്യം നമ്മുടെ മനസ്സൊരു ഒരു കാര്യത്തിൽ ഏകാഗ്രപ്പെടുക ഭഗവാൻകിൽ ഏകാഗ്രപ്പെടുക ഏകാഗ്രപ്പെടാൻ ആദ്യം അംഗീകരിച്ചത് ചിലപ്പോ ഭയമാകാം ഭയം കൊണ്ട് ഭഗവാനെ അഭയം പ്രാപിച്ചു കാമമാകാം ഗോപികമാർ കാമം കൊണ്ട് ഭഗവാനെ സമീപിച്ചു പക്ഷെ എപ്പോഴും ഭഗവാൻ ഭഗവാൻ അന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ എന്ത് സംഭവിച്ചു കംസന് ഭയം പോയി ഭഗവാൻ മാത്രം എന്നെ കൊല്ലാൻ വരുന്നു വരുന്നോന്ന ദേവിയെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ തന്നെ അശരീര് കേട്ടു ഭഗവാൻ എന്നെ കൊല്ലാൻ വരും അന്വേഷിച്ചുള്ളൂ കുഞ്ചാന കൊരിടൻ മഹിം ചിന്തയാനോ ഋഷികേശനം അപശ്യ തന്മയം ജഗത് കംസൻ പ്രപഞ്ചത്വ ഭഗവയമായി കണ്ടു നാം എന്തുകൊണ്ട് മനസ്സെന്തിൽ ഏകാഗ്രപ്പെടുന്നു അതായി കാണും പ്രപഞ്ചം ഒരു ഭൂതത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഭൂതപ്രേതങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വയസ്സായ അവന്റെ മനസ്സമ്മ ഏകാഗ്രപ്പെട്ടാൽ നോക്കുന്നിടത്തൊക്കെ അത് തന്നെ കുറച്ചു നാളിന് മുമ്പ് എന്റെ അടുക്കൽ രണ്ടുപേരും വരുന്നു ഒരു പ്രൊഫസറും അവരുടെ ഭാര്യയുമാണ് അവർക്കൊരസുഖം എന്റെ അസുഖം പാമ്പിനെ കാണുക ബോർഡിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എഴുതാൻ ഭാവിച്ചാൽ ബോർഡിൽ മുഴുവൻ പാമ്പ് അവിടെ പാമ്പുണ്ടോ പാമ്പോട്ട് എഴുപതാനും അങ്ങോട്ട് തിരിഞ്ഞാൽ പാമ്പ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ പാമ്പ് ഞാൻ ചോദിച്ച വല്ല ധ്യാനമൊക്കെ ശീലിക്കുന്നുണ്ടോ ഉണ്ട് അത്രയുമായി ഒന്നും പഠിക്കാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞതനുസരിച്ച് ധ്യാനിച്ചേകാഗ്രപ്പെട്ടാൽ ഈ കുണ്ടലിനെ റാണൻ പ്രസരിക്കും ആർക്കും ടാഗോർ മഹാകവിക്ക് പോലും അദ്ദേഹം വേദമൊന്നും പഠിച്ചിട്ടല്ല നല്ല കവി പ്രകൃതിയിൽ മനസ്സേകാഗ്രപ്പെട്ടു അപ്പോൾ ഈ കുടലിനെ പ്രാണൻ പ്രസരിച്ചിട്ട് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും നടന്നു പോകുന്ന ആളുകളും മൃഗങ്ങളും ഒക്കെ ഏതോ ഒരു ശക്തിയിൽ കൂടി തന്നിൽ ഒന്ന് ലയിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നിയിരുന്നു അദ്ദേഹം തന്റെ റെമിനിസൻസ് ഈ തോന്നലിന്റെ പശ്ചാത്തലത്തിലാണ് ടാഗൂർ ഗീതാഞ്ജലി എന്ന പുസ്തകം എഴുതിയത് ഗീത പതിനൊന്നാം അധ്യായം വായിച്ചു നോക്കുക ഇന്ന് തന്നെ ഈ കുണ്ടലിന് ഇപ്രസരം കുണ്ട് കൊണ്ടാകുന്ന അനുഭവങ്ങളാണ് തത്രൈകസ്തം ജഗത്കൃത്സനം പ്രവിഭക്തമനയ കഥ അവശ്യ ദേവദേവസ്വ ശരീരേ പാണ്ഡവസ്ഥത കൃഷ്ണന്റെ ശരീരത്തിൽ ഒരേ പോയിന്റിൽ ഒരേ സമയത്ത് ജഗത്ത് ണ്ടായി മറയുന്നതായിട്ട് അജുനം തോന്നി എന്ന ഇതൊക്കെ അങ്ങനെ തോന്നാൻ പറ്റുമോന്ന് ഒക്കെ ശ്രമിച്ച് കുണ്ടലിനെ ഒന്ന് ഉണർത്തി നോക്കുക അതൊക്കെ ഉണർത്തി നോക്കിയിട്ട് വേണ്ട പറ്റുമോ ഞാനവരോട് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ കുണ്ടലിനി പാട്ട് എന്നൊരു കൃതിയുള്ളൂ അതിൽ വളരെ വിസ്തരിച്ച് ഈ കുണ്ടല്ലിനി പ്രാണപ്രസരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിസ്തരിത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യാഖ്യാനവും എൻ്റെ കയ്യിൽ ആ ഒരു പുസ്തകമുണ്ടായിരുന്നു ഞാനത് അവരെ എടുപ്പിച്ചു ഇത് കൂടുതൽ പോയി വായിക്കാൻ പോകുന്നു മനസ്സിന് തന്നെ കാര്യമൊക്കെ ഒന്ന് പിടികിട്ടിയാൽ ധ്യാനിച്ചാൽ പോലും പിന്നെ ഈ ഭോമം ഉണ്ടാവില്ല ശാസ്ത്രീയമായിട്ടൊരു അറിവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ പ്രാണനം മറ്റും വേണ്ടത്ര അറിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ധ്യാനിക്കുകയോ ഒക്കെ ചെയ്ത് ഉണർന്നു വന്നാൽ പല ബുദ്ധിമുട്ടുകളും വരാനിടയാവും അതുകൊണ്ട് നമുക്കേറ്റവും നല്ലത് ഈ ഉപനിഷത്ത് പറയുന്ന എല്ലാം ഈശ്വരഭയമായി കാണുക കംസനെ പോലെ കംസൻ ഭയം കൊണ്ട് നാരുകൻ പറയുന്നു അങ്ങനെ ഭയമൊന്നും വേണമെന്നില്ല ഇപ്പൊ ശിശുപാലൻ രാവണൻ കുംഭകർണൻ ഹിരണ്യ രശതു ഹിരണ്യാക്ഷൻ ഇവരൊക്കെ വിദ്വേഷഭക്തി വിദ്വേഷഭക്തിയിലൂടെയാണ് ഭഗവാൻ ഏകാഗ്രപ്പെട്ടത് കംസനാണെങ്കിൽ ആസീന സംവിശൻ തിഷ്ടൻ ഇരിക്കുമ്പോ സംവിശൻ തിഷ്ടൻ ഉറങ്ങുമ്പോ കുഞ്ചാന പര്യടൻ മഹീൻ ഭക്ഷണം കഴിക്കുമ്പോ തന്റെ രാജ്യത്ത് ചുറ്റി നടക്കുമ്പോൾ ചിന്തയാനോ ഋഷികേശൻ കൃഷ്ണനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്ത നടക്കുമ്പോ ഉള്ളാനിരിക്കുമ്പോ കൃഷ്ണൻ കൊല്ലാൻ വരുന്നുണ്ടോന്നാണ് ചിന്ത അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് കൃഷ്ണൻ വരുന്നുണ്ടോ കൃഷ്ണനെ ചിന്തിച്ച് അപശ്യ തന്മയം ജഗത് കംസൻ കൃഷ്ണമയമായി ജഗത്തിനെ കണ്ടു എന്നാണ് അപ്പൊ കംസൻ ഭക്തനാണോ ദുഷ്ടനാണോ ഒടുവിൽ കംസന്റെ മനസ്സിലും പുറത്തും കൃഷ്ണനല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് എന്ത് സാധിച്ചു കൃഷ്ണന്റെ കൈ കൊണ്ട് മരിക്കാൻ കഴിഞ്ഞു അതാണ് കംസന്റെ മഹത്വം ൂപത്തിലായാൽ പോലും സർവത്ര അതേ ഉള്ളു എന്നനുഭവിക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മാനുഭവം തന്നെയാണ് ഞാനുൾപ്പെടെ താനുൾപ്പെടെയെല്ലാം കൃഷ്ണൻ അല്ലാതെ താൻ സ്വയം മഹന്നിരിക്കുന്നു നാരദൻ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അപ്പൊ ദ്വൈതമില്ല ജ്ഞാനുമില്ല മറ്റൊന്നുമില്ല വിഷ്ണു മാത്രം അദ്വൈതാനുഭവത്തിൻ്റെ അതിപ്രശസ്തമായ ഒരനുഭവഘട്ടമാണ് നാമരൂപത്തിലെങ്കിലും പൂർണ്ണമായി ഏകാഗ്രപ്പെട്ട് അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവനും മറ്റും ദേവിയുടെ രൂപത്തിൽ സദാ ഏകാഗ്രപ്പെട്ട് ഒടുവിൽ അദ്ദേഹത്തിന് ചോലിലൊക്കെ ദേവി കാണാൻ കഴിഞ്ഞ എവിടെ നോക്കുന്നോ അവിടെയൊക്കെ ദേവി മയമായി കണ്ടു അദ്ദേഹം ഒടുവിൽ അദ്വൈത ബോധത്തെയും സാക്ഷാത്കരിച്ചു ഇതൊന്നും കേട്ട് പേടിക്കേണ്ട നമുക്ക് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത് എടോ മറ്റൊന്നും വേണ്ട ഞാനേ ഉള്ളൂ എന്നുള്ളത് ശാസ്ത്ര സത്യം അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കാണുന്നതിലൊക്കെ എന്നെ ഓർമ്മിക്കും ഇത്ര വേണ്ടു അല്ല നമുക്കിപ്പോ ഈ വെല്ലിക്കുണ്ടലിനി ഉണർത്തലോ അങ്ങനെയുള്ള ക്ലേശകരമായ ഒന്നും ആവശ്യമില്ല ഗൃഹസ്ഥന്മാർക്ക് വിശേഷിച്ചും ഏറ്റവും പറ്റിയ കാര്യമാണ് കൃഷ്ണൻ ഏകാദശത്തിൽ ഇരുപത്തൊൻപതാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക കൃഷ്ണൻ ബുദ്ധവരോട് പറയുന്ന നീ കാണുന്നതൊക്കെ ഭഗവാനാണ് അതൊന്ന് ഓർമ്മിച്ചാൽ മാത്രമതി അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും പുറത്തെവിടെ നിൽക്കുമ്പോഴും ഇതൊന്ന് ഓർമ്മിക്കുക അപ്പൊ ഇവിടെ മഹാബലി പറയുന്നത് വൈരാനുബന്ധം കൊണ്ട് എന്റെ പൂർവീകന്മാർ എത്രയോ പേർ അങ്ങയോട് സായുധ്യം പ്രാപിച്ചതായിട്ട് എനിക്കറിയാം അങ്ങനെയുള്ള അങ്ങാഹ എന്നെ ഇപ്പൊ പിടിച്ചുകെട്ടി ഇവിടെ വച്ചിരിക്കുന്നത് തേനാഹം നിഗൃഹീതോസ്മി ആ ഈശ്വരനാൽ അഹം നിഗൃഹീതോസ്മി ഞാനിവിടെ ഇതാ ബന്ധനസ്ഥനാക്കപ്പെട്ടു ഭഗവത്താ ഭൂരികർമ്മ ഈ ജഗത്തിന്റെ കർമ്മം മുഴുവൻ നിർവഹിക്കുന്നത് അവിടുന്നാണ് അങ്ങനെയുള്ള അവിടുന്ന് ഭഗവാൻ ഈശ്വരൻ എന്നെ പിടിച്ചു കെട്ടി അതാണ് ജഗദീശ്വരൻ എന്നെ പിടിച്ചു കെട്ടി അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യം തേനാഹം നിഗൃഹി തോസ്മി ഭതാ ഭൂരികർമ്മ ബദ്ധ വരുണൈപ്പാശൈ വരുണപാശം കൊണ്ട് എന്നെ ബന്ധിച്ചു അതുകൊണ്ടെന്താ നാഹം വ്രീഡേ എനിക്ക് ലജ്ജയുള്ള കണിക പോലില്ല അങ്ങനെ എന്നെ കെട്ടിവെച്ചിരിക്കട്ടെ അസുരചക്രവർത്തി എന്റെ പ്രതികരൊക്കെ വന്ന് നോക്കുന്നുണ്ട് അയ്യോ നമ്മുടെ ചക്രവർത്തി അയ്യോ കെട്ടി വെച്ചിരിക്കുകയാണ് നാഹമ വ്രീഡേ ഇവിടെയാണ് എല്ലാം ഭഗവത് മയമായി മനസ്സിനെ ഉറപ്പിച്ചാൽ ഇത് വെറുതെ പറയുന്നതല്ല ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവും അവിടെ ആ പ്രസാദം വന്നാൽ പ്രസാദ് സർവദുഃഖാനാംഹാനെ എല്ലാ ദുഃഖവും വിട്ടുപോകും നാഹം റീഡേ ഭഗവാനെ വാമനനോട് ബലി പറയുകയാണ് എനിക്ക് ലജ്ജയില്ല നാഹം റീഡേ നച്ച വ്യഥേ ഞാൻ അൽപ്പം ദുഃഖിക്കുന്നില്ല അങ്ങനെ പിടിച്ചു കെട്ടി സാരങ്ങൾ അഥാഹമ പ്യാത്മരി പോസ്തവാതികം ദൈവേന നീത പ്രസഭം വ്യാജിതശ്രീ ഇതം കൃതാന്താന്തികവ് ജീവിതം യഥാധ്രുവം സ്തബമതിർന്ന മുഖ്യത്തെ ഗംഭീരമായ ഒരു ശ്ലോകമാണ് ഭഗവാനെ അങ്ങനെ പിടിച്ചു കെട്ടി ഞാൻ അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്നു അഥ അഹമപ്യാത്മരിപോസ്തവാാന്തികം എന്നെപ്പോലുള്ള അസുരന്മാരുടെ പാരമ്പര്യ ശത്രുവാണ് അവിടുന്ന് പക്ഷെ അങ് ആരാക്കറിയാം എനിക്കറിയാം എന്റെ പുകനറിയാം എന്റെ അച്ഛൻ അറിയാമായിരുന്നു അഥാ അഹമപ്യാത്മരീപോസ്തവാന്തികം അങ്ങനെ പിടിച്ചു കിട്ടി എന്താ കാര്യം ദൈവേന നീത ദൈവം വരുന്നു ദൈവം അതാണ് നിശ്ചയിച്ചത് എന്റെ തെറ്റുകൾ ഒന്നുമല്ല ദൈവേന നീത പ്രസവം ത്യാജിതശ്രീ എന്റെ ഐശ്വര്യം മുഴുവൻ നഷ്ടമായി എനിക്ക് വ്യഥയില്ല ദുഃഖമില്ല എന്തുകൊണ്ട് ഇതം കൃതാന്താന്തികവർത്തി ജീവിതം അങ്ങ് പിടിച്ചു കിട്ടിയില്ലെന്ന് വെച്ചുള്ളൂ എന്നാലും ഈ ജീവിതം മരണത്തിന് തൊട്ട് നിൽക്കുന്നതാണ് ആർക്കും ആർക്കും അങ്ങ് പിടിച്ചു കിട്ടിയില്ലെങ്കിലും ഞാൻ ഏത് നിമിഷം മരിക്കും എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലല്ലോ ഇതും കൃതം ദാന്തികവർത്തി ജീവിതം യഥാ അധ്രുവം ഇതിനൊരു സ്ഥിരതയുമില്ല അഹങ്കാരം കൊണ്ട് മതിമറക്കുന്നവർ ഈ തത്വം ഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലരുടെയൊക്കെ പറച്ചില് ആ ഭഗവാൻ എല്ലാം പിടിച്ചു വാങ്ങിച്ചു മഹാബലിയുടെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പിടിച്ചു വാങ്ങിച്ചിട്ടില്ലല്ലോ മഹാബലി പറയുന്നത് അവരറിയുന്നില്ല മരണമെന്ന വാമനന്റെ വേഷത്തിൽ ഏത് നിമിഷവും ഭഗവാൻ ആരുടെ അടുക്കളെത്തി സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള സകലത്തും പിടിച്ചു പോകും അവിടെ മഹാബലിയുടെ ധൈര്യം സ്ഥിരത സന്തോഷം സാധിക്കുമോ ഡോക്ടർ പറഞ്ഞു ബന്ധുക്കളെയൊക്കെ അറിയിച്ചോളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അപ്പോഴേക്കും ആൾ തീരും ഈ സമയത്ത് ബന്ധുക്കളൊക്കെ കൂടിയിട്ടുണ്ട് നല്ല പ്രസന്നനായി പറ്റുമോ ഞാൻ ഇപ്പോഴേ ആലോചിച്ചു വെക്കുക പറ്റുമോ ഇതെപ്പോ വേണോ സംഭവിക്കാം അല്ലേ ആർക്ക് വേണോ എപ്പോ സംഭവിക്കാം എല്ലാവരും കൂടിയിട്ടുണ്ട് സാരമില്ല എനിക്ക് ദുഃഖമൊന്നുമില്ല മരണം വരാവുന്നതാണ് ഈ ശരീരത്തിൻ്റെ ഏർപ്പാട് ഇതാണ് ഞാൻ ശരീരമല്ല ഞാനെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ആ ബോധത്തെ നയനം ചിന്ത ശസ്ത്രണേ നയനം ദഹത്തി പാക ന ചൈനം ക്ലേദയന്ത്യാ നോഷയത്തി മാരുത്ത ആത്മാവിനെ ഇവിടെ അഗ്നിക്കോ വായുവിനോ വെള്ളത്തിനോ ആയുധങ്ങൾക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയുള്ള ആത്മകത്വമാണ് ഞാൻ അതുകൊണ്ട് ഈ ശരീരം പോകുന്നെങ്കിൽ പൊക്കോട്ട് എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയുന്നു നമ്മൾ ജീവിച്ചു മരണം ഏത് നിമിഷവും വരും നല്ലവണ്ണം ധൈര്യമായിട്ട് ആലോചിച്ചു വെക്കുക മരണം വരുമ്പോ ലൗകിക ദൃഷ്ടിയാൽ ചിന്തിച്ചാൽ പോലും ഞാൻ അശേഷം ദുഃഖിക്കുകയില്ല എന്റെ മുമ്പ് വന്ന് നിൽക്കുന്നവരോടൊക്കെ സന്തോഷമായിട്ട് ഇതാ എന്നെ കണ്ട് ഇതുപോലെ മരിക്കാൻ നിങ്ങളും അഭ്യസിക്കണം എന്ന് സമാശ്വസിപ്പിച്ചിട്ട് ഞാൻ മരിക്കും വേദാംഗം പഠിക്കുന്നത് കൊണ്ടും സപ്താഹം കേൾക്കുന്നത് കൊണ്ടും ഒക്കെ പരീക്ഷിച്ച് പൂർണ്ണ ബ്രഹ്മനിഷ്ഠയോടുകൂടി ഒടുവിൽ ശരീരം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് ഏഴു ദിവസം ഏഴ് ദിവസം ബ്രഹ്മഭൂത എന്നാണ് ബ്രഹ്മമായി തീർന്നു പരീക്ഷിച്ച് പരീക്ഷത്തിന് ഏഴ് ദിവസം കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കൊക്കെ അത് സാധിക്കാത്തത് ദൃഢമായ ഒരു ചിന്ത വേണം അത്രയുള്ള വേറൊന്നും വലിയ വലിയ സാധനങ്ങളോ ബഹളങ്ങളോ ഒന്നും എന്താണ് ഞാൻ എന്തും ഈശ്വരമയമായി മനസ്സുകൊണ്ട് കാണും അതിന് ബ്രഹ്മം സർവം എന്ന ഉറപ്പ് ആ ഉറപ്പിനുവേണ്ടി ശാസ്ത്രീയമായി ഈ ബോധകത്വത്തെ ആവർത്തിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക അതിനുള്ള കരുത്ത് മഹാബലി ചെല്ലം പോലെ മറ്റൊരു ചെല്ലം നമുക്ക് തരുന്നതല്ല മഹാബലിയുടെ തലയിൽ ഭഗവാൻ മൂന്നാമത്തെ അടിവെച്ച് അങ്ങനെ നിൽക്കുക നമുക്ക് നോക്കാം വിശ്വരൂപനായ മനന്റെ ആ ചവിട്ട് മഹാബലിയുടെ തലയിലിരിക്കട്ടെ അതുകൊണ്ട് വലിയ കുഴപ്പമും വരാൻ പോകുന്നില്ല നമുക്കൊക്കെ നമ്മുടെ ഒക്കെ ജീവിതം ഈ അദ്വൈത ബ്രഹ്മസത്യം ഓർമ്മിച്ച് ധന്യമാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം